വരെ ബൈബിളിലെ വെളിപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന സത്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പാപത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുകയായിരുന്നല്ലോ ഈ പാപം പിശാജെ നമ്മളെ സാത്താൻ നമ്മളെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തി പാപത്തിൽ വീഴ്ത്തി നമ്മുടെ വിരുദ് തെറ്റിക്കാനായിട്ടുള്ള ശ്രമമാണ് അവന് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി ദിവസവും അവന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ആ തന്ത്രങ്ങളെ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് വ്യക്തിപരമായിട്ട് അതിലേതാണ് നമുക്കെതിരെ കൊണ്ടുവരുന്നത് എന്ന് തിരിച്ചറിയുന്നതും അതിനെതിരെ നമ്മൾ മറുവശത്ത് നമ്മളെന്ത് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്നറിയുന്നതും നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാൻ പ്രലോഭനത്തിൽ വീണു മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞ സാത്താൻ്റെ മൂന്ന് പ്രലോഭനങ്ങളെ അതിനെ നമ്മുടെ നേരെ ഇന്ന് പിശാചങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമ്മുടെ നമ്മുടെ വ്യക്തിത്വത്തിലുള്ള ഏത് ഘടകത്തിനെതിരെയാണ് അത് ഉന്നം വെക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തായുധമാണ് തിരിച്ചെടുക്കേണ്ടത് ആ ആയുധം ഉപയോഗിക്കാൻ നമ്മളെ തൃത്വത്തിൽ ഏത് പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെ ഈ കാര്യത്തെ കുറച്ചുകൂടെ നമ്മളടുത്ത് നിന്നു കാണാനായിട്ടാണ് ശ്രമിക്കുന്നത് ഒന്നാമത് നമ്മൾ പറഞ്ഞു സാത്താൻ നമുക്കെതിരെ കൊണ്ടുവരുന്ന തന്ത്രം ലോകം എന്ന് പറയുന്ന തന്ത്രമാണ് ഇവൻ്റെ ഈ ലോകം ജഡം പിശാജ് ഈ മൂന്ന് തന്ത്രങ്ങളും ആദിമ മാതാപിതാക്കളുടെ അടുത്ത് കൊണ്ടുവന്ന് അവരെ വീഴ്ത്തി കളഞ്ഞു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടു അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തും ഈ മൂന്ന് തന്ത്രങ്ങളും അവൻ കൊണ്ടുവന്നു എന്നാൽ ഇന്ന് അവൻ കൊ നമുക്കെതിരെ നമുക്ക് ചായ്വുള്ളത് ഒരു പക്ഷേ ലോകത്തോടായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ബലഹീനതയുള്ളത് ജഡീക ഇച്ഛകളോടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ജഡം എന്ന പ്രലോഭനം അവൻ കൊണ്ടുവരും അതല്ല പിശാജ് എന്ന് പറയുന്ന ആ ഒരു തന്ത്രം ചിലപ്പോൾ നികളത്തിലേക്ക് ഒരു ചായ്വുള്ള ആളുകളുടെ എതിരെ അവൻ കൊണ്ടുവന്നിരിക്കും അപ്പോൾ അവൻ ഈ കൊണ്ടുവരുന്ന ഈ മൂന്ന് തന്ത്രങ്ങളെ നമുക്ക് വളരെ വേഗത്തിൽ അടുത്ത് നിന്നൊന്ന് നോക്കിക്കാണാം ഇത് ലോകം എന്ന് പറയുന്ന കാര്യം അപ്പോൾ നമ്മൾ ഒന്നിയോഹന്നെ രണ്ടിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ലവ് നോട്ട് ദ വേൾഡ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു പുസ്തകം ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയിൽ രചിക്കപ്പെട്ടിട്ടുള്ളത് വാജ്മാനിയുടെ ലവ് നോട്ട് ദ വേൾഡ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് അപ്പം ലോകത്തെ നമ്മൾ ഒരു കാരണത്താലും സ്നേഹിക്കരുത് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ കർത്താവായ യേശു തന്നെ ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ കർത്താവ് ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ടോ ഉണ്ട് നമ്മൾ നോക്കുക യോഹന്നാൻ്റെ സുവിശേഷം മൂന്നിൻ്റെ പതിനാറ് വളരെ പ്രശസ്തമായ വാക്യമാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കത്തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകത്തക്കവണ്ണം പിതാവ് ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് യോഹൻ ഞാൻ മൂന്ന് ആണല്ലോ ലോകത്തെ സ്നേഹിച്ചു അപ്പം ദൈവം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെയും അപ്പോൾ ഇതിൻ്റെ മറുപടി എന്താ നമ്മൾ പറയുന്നത് ഏഹ് നിത്യജീവി തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ ലോകത്തെ സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൈബിളിലെ മൂന്ന് വിധത്തിൽ ലോകം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ യോഹനാൻ മൂന്ന് പതിനാറിൽ ഉപയോഗിച്ചേക്കുന്ന ലോകം എന്ന പദം ലോകത്തിലെ ജനത്തെ ഉദ്ദേശിച്ചാണ് ലോകത്തിലെ ആളുകളെ ഉദ്ദേശിച്ചാണ് ദൈവം തൻ്റെ പുത്രനെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലെ ആളുകളെ സ്നേഹിച്ച് അവർക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ് തൻ്റെ പുത്രനെ നൽകിയത് അപ്പം ലോകമെന്ന് പറയുമ്പോൾ ഇവിടെ ജനം ആളുകൾ അവരെ നമ്മളും എന്തു വേണം ഈ ലോകത്തിലുള്ള ആളുകളോട് നമുക്കും വിരോധമില്ല അവരെ സ്നേഹിക്കരുതെന്ന് നമ്മളോട് കല്പനയില്ല മറിച്ച് ദൈവം അവരെ സ്നേഹിച്ചതുപോലെ നമുക്ക് ആ ലോക ജനത്തെ സ്നേഹിക്കാം അതുപോലെ ലോകം എന്ന മറ്റൊരു വാക്ക് അപ്പോസ്ല പ്രവൃത്തി പതിനേഴിൻ്റെ ഇരുപത്തിനാലിൽ കാണുന്നു അവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്ല പ്രവൃത്തി പതിനേഴ് ലോകവും അതിലുള്ളതൊക്കെയും ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല അപ്പം അവിടെ ഈ ലോകമെന്നുള്ള പദമുണ്ട് പക്ഷെ അവിടുത്തെ ആ ലോകം വേൾഡ് എന്ന പദം ലോകത്തിലെ സൃഷ്ടികളെ ഉദ്ദേശിച്ചാണ് ഈ ലോകത്തിലെ സൃഷ്ടികളെ വെറുക്കാനായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല അതിനെ സ്നേഹിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല മൂന്നാമത് ഉള്ള ആ ലോകത്തിൻ്റെ മൂന്നാമത്തെ ആ അർത്ഥമാണ് നമ്മൾ അതിനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഒന്നിയോഹന രണ്ടിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് എന്താ ഈ ലോകം ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ദൈവത്തിനെതിരെയുള്ള ഒരു സംഘടിത ലോക സംവിധാനമാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ വീഴ്ച കളയാനുള്ള ആകർഷണങ്ങളാണ് അല്ലെങ്കിൽ ഈ ലോകഗതിയാണ് അല്ലെങ്കിൽ ഈ ഭൗതികവാദമാണ് ഈ ലോകത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഭൗതികവാസവാദമാണ് അല്ലെങ്കിൽ ഈ ലോകത്തിൽ വിലയുള്ള പണത്തിൻ്റെ പിന്നാലെ പോകാനുള്ള ആകർഷണമാണ് ഇങ്ങനെ ലോകത്തെ സ്നേഹിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളപ്പം ഈ ലോകത്തിലെ ജനങ്ങളെ സ്നേഹിക്കരുതെന്നല്ല അല്ലെങ്കിൽ ലോകത്തിലെ സൃഷ്ടികളെ സ്നേഹിക്കരുതെന്നല്ല മറിച്ച് ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു ലോക ആ ലോക സംവിധാനം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ കഴിവുള്ളവൻ പണമുള്ളവൻ അവൻ മേളിൽ വരും എന്നുള്ള നിലയിൽ ഈ ലോക സംവിധാനത്തെ പിശാജ് ഇങ്ങനെ സംവിധാനം ചെയ്ത് അവൻ ഇരുന്ന് ഭരിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് ഈ ലോകഗതിയെയാണ് ഈ ലോകത്തിൻ്റെ ഭൗതികവാദത്തെയാണ് നമ്മൾ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വ്യക്തമായോ നമ്മൾ ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ലോക ജനങ്ങളെ സ്നേഹിക്കരുതെന്നല്ല ലോക സൃഷ്ടികളെ സ്നേഹിക്കരുതെന്നല്ല മറിച്ച് പിശാജ് ഇന്ന് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ലോക സംവിധാനവും മൂല്യങ്ങളെയും പ്രിയപ്പെട്ട് അതിൻ്റെ പിന്നാലെ അതിനെ സ്നേഹിക്കരുത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിശാജ് ഈ ലോകം എന്ന പരീക്ഷ നമ്മുടെ ദേഹിക്കെതിരെയാണ് കൊണ്ടുവരുന്നത് ഈ കണ്മോഹം ലോകമോഹങ്ങൾ അതിൻ്റെ പ്രലോഭനങ്ങൾ നമ്മുടെ ദേഹിക്കെതിരെ കൊണ്ടുവരും ആട്ടെ ഈ പരീക്ഷയെ ജയിക്കാൻ നമ്മളെന്തു വേണം ഈ പരീക്ഷയെ ജയിക്കാൻ നമ്മൾ എന്തു വേണമെന്നുള്ളത് ഒന്ന് യോഹന്യാൻ രണ്ടിൻ്റെ പതിനഞ്ച് വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് യോഹന രണ്ടിൻ്റെ പതിനഞ്ച് വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല ഈ ഭാഗം നമ്മൾക്ക് ശ്രദ്ധിച്ച ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ എന്തില്ല പിതാവിൻ്റെ സ്നേഹമില്ല അല്ലെങ്കിൽ ഈ വാക്യത്തെ നമുക്കൊന്ന് തിരിച്ചിട്ടാൽ നമുക്കിങ്ങനെ പറയാം ഒരുവനിൽ പിതാവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ അവൻ എന്തു ലോകത്തെ സ്നേഹിക്കുകയില്ല അപ്പോൾ പിശാജ് സാത്താൻ നമുക്കെതിരെ കൊണ്ടുവരുന്ന ലോകം എന്ന പരീക്ഷയെ ജയിക്കാൻ നമ്മളെന്തു വേണം പിതാവിൻ്റെ സ്നേഹത്തെ ദൈവ സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കണം ധ്യാനിക്കണം നമ്മളെ ഇതിന് ജയിക്കാൻ സഹായിക്കുന്നത് തൃത്വത്തിൽ ഒന്നാമനായ പിതാവ് തന്നെയാണ് കണ്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ലോകം എന്ന സാത്താൻ്റെ പരീക്ഷ നമ്മുടെ ദേഹിക്കെതിരെയാണ് അതിനെ തടുക്കാനായിട്ട് ദൈവസ്നേഹത്തെ നമ്മൾ ധ്യാനിക്കണം പിതാവാണ് തൃത്വത്തിൽ ഒന്നാമനായ പിതാവാണ് ആ കാര്യത്തിൽ ഈ ലോകം എന്ന പരീക്ഷയെ ജയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്നാണ് നമ്മളെ കണ്ടത് പ്രിയപ്പെട്ടവർ ഈ ലോകം എന്ന ആ ഒരു കാര്യം നമ്മൾ നേരത്തെ ദേമാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് തീമത്തി ദിവസം നാലിൻ്റെ പത്തിൽ നമ്മൾ കണ്ടു ദേമാസ് ലൗഡ് ദിസ് പ്രസൻറ്റ് ഏജ് ഈ വർത്തമാന കാലഘട്ടത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കണ്ടു അപ്പം ലോകം ലോകമെന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ ആകർഷണങ്ങളുണ്ട് അതിൻ്റേതായ ആകർഷണങ്ങളുണ്ട് ആ ആകർഷണങ്ങളാണ് നമുക്കെതിരെ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മ അത് നമ്മുടെ ദേഹിക്കെതിരെയാണ് അവൻ കൊണ്ടുവരുന്നത് കൺമോഹം എന്ന ആ പരീക്ഷയാണ് കൊണ്ടുവരുന്നത് ആ പരീക്ഷ ജയിക്കാൻ ദൈവസ്നേഹത്തെ നമ്മൾ ധ്യാനിച്ചാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മൾ മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ദൈവത്തിൽ അദ്ദേഹം തൻ്റെ പ്രശസ്തമായ ടെംറ്റേഷനെതിരെ പ്രലോഭനങ്ങൾക്കെതിരെ എന്നൊരു പ്രാർത്ഥനയുണ്ട് എ പ്രയർ ഫോർ പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് ടെംറ്റേഷൻ മാർട്ടിൻ ലൂഥറിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥന അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയിൽ ഈ സാത്താൻ്റെ മൂന്ന് തന്ത്രങ്ങളിൽ ലോകത്തിനെതിരെയും ജഡത്തിനെതിരെയും പിശാചിനെതിരെയും ദൈവമേ എന്നെ കാക്കണേ എന്ന് പറഞ്ഞുള്ള ആ പ്രാർത്ഥനയിൽ ലോകം എന്ന് പറഞ്ഞു വരുന്ന ആ തന്ത്രത്തിനെതിരെ അദ്ദേഹം മാർട്ടിൻ ലൂസറിൻ്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമേ ഈ ലോകത്തിൻ്റെ സമ്പന്നതയ്ക്കു വേണ്ടിയുള്ള തെറ്റായ ആശയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ഈ ലോകത്തിൻ്റെ ബഹുമാനം ശക്തി അംഗീകാരം ലോകത്തിൻ്റെ പുഴ്ചയ്ക്കായുള്ള ആഗ്രഹം എന്നിവയിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണേ ലോകത്തിൻ്റെ സാന്നിധ്യം ലോകത്തിൻ്റെ ചതി വ്യാജ വാഗ്ദാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഞങ്ങളെ ഈ ലോകവഴിയിൽ നടക്കാൻ പ്രേരിപ്പിക്കുന്ന പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ലോകത്തിൻ്റെ ദുഷ്ടത ലോകത്തിൻ്റെ എതിർപ്പുകൾ എന്നിവ ഞങ്ങളെ ക്ഷമിക്കാത്ത ഒരു മനോഭാവം പ്രതികാരം വെറുപ്പ് എന്നിവയിലേക്ക് തള്ളിവിടാതെ ഞങ്ങളെ കാക്കണേ ലോകത്തിൻ്റെതായതെല്ലാം തള്ളിക്കളഞ്ഞ് അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി അതിനെല്ലാം തള്ളിക്കളയാൻ ഞങ്ങളെ സഹായിക്കണേ ഇതാണ് മാർട്ടിൻ ലൂഥർ ഈ ലോകത്തിനെതിരെയുള്ള ആ പ്രാർത്ഥനയിൽ താന് ഉദ്ധരിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഇതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ലോകം എന്ന തന്ത്രത്തെ തിരിച്ചറിയുക അതിനെതിരെ ജാഗ്രതയായിട്ട് നിൽക്കുക സാത്താൻ്റെ ആവനാഴിയിലെ രണ്ടാമത്തെ തന്ത്രം എന്ന് പറയുന്നത് ജഡം എന്ന് പേരിട്ട് വിളിച്ചിട്ടുള്ള ആ പ്രത്യേക പ്രലോഭനമാണ് ഈ ജഡം എന്ന തന്ത്രം നമ്മുടെ ശരീരത്തിനെതിരെയാണ് നമ്മുടെ ജഡത്തിനെതിരെയാണ് അതിൻ്റെ പോരാട്ടം ഉള്ളത് ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ ആറിൽ ആ ഫലം തിന്മാൻ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ജഡത്തിനു നേരെയുള്ള ആ പ്രലോഭനത്തെയാണ് അത് വിശദീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എഫ് എസ് എൽ രണ്ടിൻ്റെ മൂന്നിലും നമ്മൾ കാണുന്നുണ്ടല്ലോ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് അപ്പോൾ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ഈ ശരീരത്തിൻ്റെ ആ നിലയിലുള്ള ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആ പ്രലോഭനത്തെയാണ് ജഡം എന്ന് പറയുന്ന സാത്താൻ്റെ തന്ത്രം അത് ശരീരമോഹങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ജയിക്കേണ്ടത് ജഡം എന്നു പറയുന്ന ആ പരീക്ഷയെ നമ്മളെങ്ങനെയാണ് ജയിക്കേണ്ടത് ദൈവവചന തന്നെ നമുക്ക് നോക്കാം രണ്ട് തീമത്യോസ് രണ്ടിൻ്റെ പറയുന്നു യൗവനമോഹങ്ങളെ യൗവനമോഹം എന്ന് പറയുമ്പോൾ യുവാക്കൾ അല്ലെങ്കിൽ ചെറുപ്പക്കാര് അവരുടെ ജഡത്തിന്റെ ഇച്ഛയെ തൃപ്തിപ്പെടുത്താനുള്ള മോഹം അതിനെതിരെ എങ്ങനെയാ നിൽക്കേണ്ടിയത് അതിനെതിരെ എതിർത്ത് നിൽക്കുകയാണോ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തെ ധ്യാനിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ അവിടെ ജഡമോഹം എന്ന് പറയുന്ന പ്രലോഭനം വരുമ്പം ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് അവനോട് വാദിക്കാനും തർക്കിക്കാനും നിൽക്കുകയാണോ വേണ്ടത് അല്ല രണ്ട് തീമത്തി രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് പറയുന്നു യൗവനമോഹങ്ങളെ വിട്ടോടുക അപ്പോ ജഡം എന്ന് പറയുന്ന ആ പ്രലോഭനം സാത്താൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ഓടിക്കളയുകയാണ് വേണ്ടത് വിട്ടോടുകയാണ് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് വേണ്ടത് അല്ലാതെ അവിടെ നിന്ന് അവിടെ വാദിച്ചുകൊണ്ടും തർക്കിച്ചുകൊണ്ടും അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടും ഒന്നും നിൽക്കുകയില്ല അവിടെ നിന്ന് മാറിക്കളയണം ഇത് നമ്മളെ ജോസഫിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോസഫിന് ഈ ജഡേച്ഛകളിൽ വീഴാനായിട്ട് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ പൊത്തിപ്പേറിൻ്റെ ഭാര്യ നിർബന്ധിച്ച ഒരു ഘട്ടം നമ്മളെ വായിക്കുന്നുണ്ട് അവിടെ ഈ പുത്തിഫേറിൻ്റെ ഭാര്യയോട് ഒരു വാദപ്രതിവാദത്തിനോ അവളെ സത്യം ബോധ്യപ്പെടുത്താനായിട്ട് അവിടെ നിന്ന് ചില വാചനങ്ങളൊക്കെ ഉദ്ധരിച്ച് സംസാരിക്കാനോ ഒന്നും ജോസഫ് തുനിഞ്ഞില്ല ജോസഫിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു ആ ഭാര്യയെ നിങ്ങൾക്കറിയാമോ ദൈവം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവളോട് വാദിക്കാനോ തർക്കിക്കാനോ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ജോസഫ് എന്ത് ചെയ്യുന്നു ജോസഫ് ആ സ്ഥലത്ത് നിന്ന് ഓടിക്കളയുകയാണ് ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം രണ്ട് തീമത്തി ദിവസം രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് യൗവനമോഹങ്ങളെ വിട്ടോടിയെന്നുള്ളത് പൗലോസ് പിന്നീട് ആ നിലയിൽ എഴുതുന്നത് ഒരു പക്ഷേ ഈ ജോസഫിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠമെടുത്തിട്ടാവും അതുപോലെ തന്നെ ഈ ജഡമോഹത്തെ ഈ ജഡമോഹത്തെ നമ്മൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ അവരെ ഏറ്റവും കൂടുതൽ വീഴ്ത്തി കളയാനായിട്ട് അവനുപയോഗിക്കുന്നത് ഈ ജഡമോഹങ്ങളാണ് നമുക്കറിയാമല്ലോ ചെറുപ്പക്കാരായ പല പ്രശസ്തരായ ദൈവപ്രപ്ഞന്മാരും വലിയ പ്രസംഗം വരും അവർ പലരും എന്ത് പറ്റുന്നു അവർ വളരെ പ്രശോഭിച്ചു നിൽക്കുമ്പോൾ പിശാജ് അവർക്കെതിരെ ഈ ജഡമോഹം എന്നൊരു തന്ത്രമാണ് പലപ്പോഴും കൊണ്ടുവന്ന് അവരെ വീഴ്ത്തി കളയുന്നത് ലോകം എന്നുള്ള തന്ത്രത്തെ അവർ ജയിച്ചു അല്ലെങ്കിൽ വീണ് എന്നെ എന്ന പിശാജ് എന്ന തന്ത്രത്തെ അവർ ജയിക്കും പക്ഷേ ചെറുപ്പക്കാരായ പലരെയും ഈ ലോകത്തിലേക്ക് ഈ നിലയിൽ അവരുടെ വിരുദ് തെറ്റിച്ച് അവരെ പാപത്തിലേക്ക് വീഴ്ക്കാനായിട്ട് പൊത്തിപ്പേറിൻ്റെ ഭാര്യയെ ജോസഫിനെതിരെ അന്ന് അന്ന് സാത്താൻ ഉപയോഗിച്ചതുപോലെ ഇന്നും എന്തുണ്ട് പല പലരെയും ആ നിലയിൽ ഇവരുടെ അടുത്തേക്ക് വിടുകയും അവരെ ജാഗ്രതയില്ലാതെ ജഡേച്ഛ എന്ന് പറയുന്ന അതിൽ വീണ് പോവുകയും ഒട്ടേറെ വാർത്തകൾ നമ്മൾ ക്രിസ്തീയ ലോകത്ത് കാണാറുണ്ട് അപ്പം അവരെ അത്രയും നാളും പ്രസംഗിച്ചതിൻ്റെ എല്ലാം ആ പ്രയോജനം ഇവരുടെ വീഴ്ച മൂലം അവരെന്ത് ചെയ്തു അവരെ നഷ്ടമാക്കിക്കളഞ്ഞു കണ്ടോ ഒരു പഴത്തൊലിയെ ചവിട്ടി വലിയ ആളുകളായാലും വീഴും എന്ന് പറഞ്ഞതുപോലെ വലിയ ദൈവഭൃത്യന്മാർ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസവും ഞാൻ വളരെ സങ്കടത്തോടെ ആലോചിച്ചു ഇന്നത്തെ കാലത്ത് ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടില് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സിന് വേണ്ടി നിന്ന ഇന്ത്യക്കാരനായിട്ടുള്ള പ്രശസ്തനായ ആള് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജഡമോഹത്തിൽ വീണതിൻ്റെ പല വാർത്തകൾ അപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹം അത്രയും നാൾ ഉയർത്തിപ്പിടിച്ച ക്രിസ്തീയതയുടെ കൊടി എന്തു പറ്റി കണ്ടോ പിശാജ് എത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അത്രയും നാളത്തെ അധ്വാനത്തെ പാഴാക്കി കളഞ്ഞു അതുകൊണ്ട് ഈ ജഡമോഹങ്ങൾ എന്നുള്ളതിനെ നമ്മൾ ആ പിശാജ് കൊണ്ടുവരുന്ന ജഡം എന്ന് പറയുന്ന മോഹം നമ്മുടെ ശരീരത്തിനെതിരെയാണ് അവിടെ നമ്മൾ വിട്ടോടുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അനേകരുടെ വിരുദ്ധ തെറ്റിച്ച് കളഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ജോസഫിൻ്റെ ഒരു മാതൃക എടുക്കണം എന്നെല്ലാമാണ് പറഞ്ഞത് ആട്ടെ ഇന്ന് ഈ ജഡമോഹത്തെ ജയിക്കാൻ നമുക്ക് തുണ നിൽക്കുന്നത് തൃത്വത്തിൽ ആരാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ലോകം എന്ന് പറയുന്ന പരീക്ഷയെ അതിജീവിക്കാൻ പിതാവ് സഹായിക്കും അതുപോലെ ദൈവസ്നേഹത്തെ ധ്യാനിച്ചാൽ കഴിയും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജഡത്തെ ജയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതിന് രണ്ട് വാക്യങ്ങൾ അതിന് നമുക്ക് ഒരു വാക്യം നോക്കാം ഗലാത്തിർ എഴുതിയ ലേഖനം അതിൻ്റെ അഞ്ചാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു അപ്പൊ കണ്ടോ ഈ ജഡാഭിലാഷത്തെ ജയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള രംഗങ്ങളിൽ നമ്മളോട് എന്താ പറയും വിട്ടോടുക എന്ന് പറയും നമ്മളാ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമ്മൾ എന്തു ചെയ്യുകയില്ല ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല പരിശുദ്ധാത്മാവും ജഡത്തിൻ്റെ മോഹവും പരസ്പരവിരുദ്ധമാണ് ഗലാത്തിർ അഞ്ചിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ധ്യാനിക്കുക അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ജഡം എന്ന് പറയുന്ന സാത്താൻ്റെ പ്രലോഭനം വരും ആ പ്രലോഭനം നമ്മുടെ ശരീരത്തിനെതിരെയാണ് ശരീരത്തിൻ്റെ ചോദനകളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഉള്ള ആ നിലയിലുള്ള തന്ത്രമാണ് ആ തെറ്റായ നിലയിൽ തൃപ്തിപ്പെടുത്താനായിട്ട് കർത്താവിനെതിരെയും ഇത് കൊണ്ടുവന്നു ആദ്യമ ഇത് കൊണ്ടുവന്നു തെറ്റായ നിലയിൽ ശരീരത്തിൻ്റെ ആ കാമനകളെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള ഈ നിലയിലുള്ള തന്ത്രമാണ് ജഡം എന്ന് പറയുന്ന പിശാചിൻ്റെ തന്ത്രം ഇതിന് വിട്ടോടുകയാണ് നമ്മൾ വേണ്ടത് പരിശുദ്ധാത്മാവ് ഇതിന് നമ്മളെ സഹായിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മൾ നേരത്തെ പറഞ്ഞ് മാർട്ടിൻ ലൂഥറിൻ്റെ പ്രലോഭനങ്ങൾക്കെതിരെയുള്ള പ്രാർത്ഥനയിൽ ജഡത്തിനെതിരെ തന്നെ സംരക്ഷിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥനാഭാഗം ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നു ദൈവമേ ജഡേച്ഛകളുടെ മേൽ ഞങ്ങൾക്ക് നിയന്ത്രണം തന്നാലും അമിതമായ തീറ്റി കുടി ഉറക്കം അലസത എന്നിവയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണേ അതുപോലെ പറയുന്നു ഭക്ഷണം വസ്ത്രം ഉറക്കം എന്നിവയിലുള്ള മിതത്വം അധികമായി പോകാതെ അതിൽ മിതത്വം പാലിക്കുക അതുപോലെ ഉപവാസമെടുക്കുക എന്നിവ കൊണ്ട് ജഡത്തെ നിയന്ത്രണത്തിലും വരുതിയിലുമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുക ജഡത്തിൻ്റെ തെറ്റായ ഇച്ഛകളെ ക്രൂശിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഒരു സുന്ദരമായ കാഴ്ചയോ അല്ലെ ഒരു സൗന്ദര്യമുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള അവിടുത്തെ ഒരു സൃഷ്ടിയെ കാണുമ്പോൾ സൃഷ്ടിയെയോ കാണുമ്പോൾ അത് ഞങ്ങൾക്കൊരു പ്രലോഭനമാകരുതേ പകരം അത് കാണുമ്പോൾ അവിടുത്തെ സൃഷ്ടിയെ പ്രതി അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണേ ഒരു മനോഹരമായ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആകർഷകമായ ഒരു സുഗന്ധം മണക്കുമ്പോൾ അതു ഞങ്ങളെ തെറ്റായ ആശയിലേക്ക് നയിക്കാനിടയാക്കാതെ അങ്ങ് തന്നെ സൃഷ്ടിച്ചതാണ് ഈ ശ്രുതിമധുരമായ ശബ്ദം അങ്ങ് തന്നെ സൃഷ്ടിച്ചതാണ് ഈ സുഗന്ധം എന്നിവ മനസ്സിലാക്കി അതേപ്രതി അങ്ങേ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണേ ഇതാണ് ജഡത്തിനെതിരെ മാർട്ടിൻ ലൂതന്റെ പ്രാർത്ഥനയിലുള്ള ഭാഗം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് സാത്താൻ കൊണ്ടുവരുന്ന രണ്ടാമത്തെ തന്ത്രം ജഡം എന്ന് പറയുന്ന ആ തന്ത്രത്തെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അവിടെ നിന്ന് വിട്ടോടി രക്ഷപെടാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ നിലയിൽ നമ്മൾ ഈ ദൈവവചനത്തെ അനുസരിച്ച് ദൈവവചനത്തിൽ തന്നിട്ടുള്ള ഈ മുന്നറിയിപ്പിനെ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഈ ജഡേച്ചകളെ ജയിക്കാനായിട്ട് കഴിയും ഈ ഒരു കാര്യത്തെ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ പാപത്തിൽ വീണു പോകും അനേകരെ അവൻ ഈ പാപത്തിൽ വീഴ്ത്തി കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ജാഗ്രതയുള്ളവരായിട്ടായിരിക്കാം പ്രിയമുള്ളവരെ നമ്മൾ സാത്താൻ്റെ മൂന്നാമത്തെ തന്ത്രമെന്ന് പറയുന്നത് നിലയിൽ പിശാജ് എന്ന് നമ്മൾ പേരിട്ട് വിളിച്ച ആ ഒരു പ്രലോകനമാണ് എന്താണ് ഈ പിശാജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൂസിഫറെ പിശാജായി തീർന്നത് അവനെ നികളിച്ചു പോയത് അതുകൊണ്ട് എഫ് എ സർ രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നു ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും കണ്ടോ അവന് ആകാശത്തിലേക്ക് അവനെ തള്ളിയിട്ടത് അവനെ ദൈവത്തിനെതിരെ ദൈവത്തേക്കാൾ ഉപരിയായിട്ട് വരാൻ ആഗ്രഹിച്ചു അവനെ രണ്ടാം സ്വർഗത്തിലേക്ക് തള്ളിക്കളഞ്ഞു അതുപോലെ അനുസരണക്കേട് കാട്ടി ദൈവം അവനെ ആക്കി തൃപ്തനായി നിന്നില്ല ഈ അനുസരണക്കേട് കാട്ടാനവനാണ് അവൻ ആദിമ മാതാപിതാക്കളെയും ആ നിലയിൽ പ്രലോഭിപ്പിച്ചത് അപ്പോൾ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട് അത് പിശാച്ച് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് അപ്പോൾ ആ പിശാജ് എന്ന് പറയുന്ന തന്ത്രം എന്താ ഈ ജീവിതത്തിൻ്റെ പ്രതാപം ഉയരത്തിലേക്ക് നികളം ഇതിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം ഇതാണ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര അല്ല ലോക അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ് നമ്മളിവിടെ ഈ പിശാജ് എന്ന തന്ത്രം സാത്താൻ കൊണ്ടുവരുമ്പം നമ്മൾ ജഡത്തിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ വിട്ടോടുകയല്ല ചെയ്യേണ്ടത് മറിച്ച് എന്താ അതിനോട് നമുക്ക് പോരാട്ടമുള്ളത് ഇതിനോടാണ് ഇതിനോട് എതിർത്ത് നിൽക്കുകയാണ് വേണ്ടത് യാക്കോബിൻ്റെ ലേഖനം നാലിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നോക്കുക നമ്മൾ പിശാജ് എന്ന് പറയുന്ന നിഗളിക്കാനും ജീവനത്തിൻ്റെ പ്രതാപത്തിനും ഉയരത്തിലേക്കും ദൈവത്തേക്കാൾ സിംഹാസനം മുകളിൽ വയ്ക്കാനും ജ്ഞാനം പ്രാപിപ്പാൻ ഏതാണ് കാമ്യമെന്ന് എനിക്കറിയാം ദൈവം സഹായിക്കണ്ട എനിക്ക് തന്നെ എൻ്റെ കാര്യം നോക്കാനറിയാം എന്നുള്ള നികളവും എല്ലാം അടങ്ങുന്ന പിശാജ് എന്ന് പറയുന്ന തന്ത്രം വരുമ്പവും അതിനെ നമ്മളെ എതിർത്ത് നിൽക്കുകയാണ് വേണ്ടത് യാക്കോബ നാലിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നോക്കുക പിശാജിനോട് എതിർത്ത് നിൽക്കുക അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും കർത്താവായി യേശുവും എന്ത് ചെയ്തു ഈ മൂന്ന് പരീക്ഷകളിൽ വീണ് എന്നെ നമസ്കരിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആ പിശാജ് എന്ന് പറഞ്ഞ സാത്താൻ്റെ കർത്താവായ യേശു ക്രിസ്തു അഭിമുഖമായി എതിർത്ത് നിന്ന് സാത്താനേ എന്നെ വിട്ടുപോകും എന്ന് തന്നെ പറയുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനെതിരെ നമ്മൾ എതിർത്ത് നിൽക്കുകയാണ് വേണ്ടത് എഫ് എ സിർ ആറിൻ്റെ പതിനൊന്നിൽ നമ്മൾ പറയുന്നു പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളണം അപ്പോൾ അവിടെ നോക്കുക ആ ആർ ആറിൻ്റെ പതിനൊന്ന് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ ഈ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നമ്മൾ ധരിക്കേണ്ട സർവായുധവർഗ്ഗത്തിൻ്റെ ഒരു ലിസ്റ്റൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും അവിടെ അങ്ങനെയൊക്കെ നമ്മളത് ശ്രദ്ധിച്ച് വായിക്കുമ്പം നമ്മുടെ പുറകുവശം സംരക്ഷിക്കാനായിട്ട് ഒരു ഒരു പടച്ചട്ടയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല നമുക്ക് പരിചയം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവന് നേരെ നിന്ന് അവന് മുഖാമുഖം നിൽക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ പരിചയമെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ തിരിഞ്ഞോടിയാൽ നമ്മുടെ പുറകുവശം സംരക്ഷിക്കാനുള്ള ഒരു ആ നിലയിൽ ഒരു പരിചയമോ അല്ലെങ്കിൽ ആ നിലയിലൊരു വസ്ത്രത്തിൻ്റെ ഒരു ആ നിലയിലുള്ള ഒരു മറവോ ഒന്നും എഫ് എ സി ആർ ആറിൻ്റെ പതിനൊന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പിശാജ് ഈ നിലയിൽ നികളത്തിൻ്റെതായ ആ നിലയിലുള്ള പ്രലോഭനം ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ തിരിഞ്ഞോടുകയല്ല വേണ്ടത് മറിച്ച് അവന് നേരെ നിന്ന് അവനോട് എതിർത്ത് നിൽക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ഈ പോരാട്ടത്തിൽ നമ്മളെ നമ്മുടെ ആത്മാവിനെതിരെയാണ് അവനീ ആയുധം കൊണ്ടുവരുന്നത് സാത്താൻ പിശാജ് എന്ന ആയുധം കൊണ്ടുവരുന്നത് പിശാജ് എന്ന തന്ത്രം കൊണ്ടുവരുന്നത് നമ്മുടെ ജഡത്തിനെതിരെയല്ല നമ്മുടെ ദേഹിക്കെതിരെയല്ല മറിച്ച് നമ്മുടെ ആത്മാവിനെതിരെയാണ് കണ്ടല്ലോ നീ എന്നെ വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞ് ആത്മാവിനെതിരെയാണ് അവന് ഈ പിശാജ് എന്ന് പറയുന്ന തന്ത്രം കൊണ്ടുവരുന്നത് അങ്ങനെ അവൻ കൊണ്ടുവരുമ്പോൾ അതിനെ ചെറുത്ത് നിൽപ്പാനായിട്ട് തൃത്വത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട് ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ എട്ട് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി അപ്പം ദൈവപുത്രനാണ് പിശാജ് എന്ന് പറയുന്ന ആ തന്ത്രത്തെ ആ പ്രവർത്തികളെ അഴിപ്പാൻ അതിനെ ചെറുത്ത് നമ്മളെ സഹായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ നിലയിൽ ഉള്ള നികളിച്ചു പോയി ആത്മാവിനെതിരെ പിശാജെന്ന് പറഞ്ഞ തന്ത്രം കൊണ്ടുവന്ന് നമ്മളെ വീഴ്ത്തിക്കളയാൻ അവന് പല നിലയിൽ ശ്രമിക്കും പ്രത്യേകിച്ചും കഴിവുള്ള ആളുകൾ മിടുക്കരായ ആളുകളുടെ അടുത്ത് അവൻ ഈ തന്ത്രമായിരിക്കും പലപ്പോഴും കൊണ്ടുവരിക നമ്മൾ രണ്ട് കോരിന്തിരും പന്ത്രണ്ടിൻ്റെ ഏഴിൽ നമ്മൾ പൗലോസ് തൻ്റെ അനുഭവം പറയുന്നു വെളിപ്പാടുകളുടെ ആധിക്യത്താൽ പൗലോസിന് പല വെളിപ്പാടുകളുണ്ടായിരുന്നു മറ്റു പലർക്കും ഇല്ലാത്ത ദൈവവചനത്തെ സംബന്ധിച്ചും ദൈവീക പ്രവൃത്തിയെ സംബന്ധിച്ചും ഒക്കെയുള്ള വെളിപ്പാടുകളുടെ ആധിക്യം പൗലോസിനുണ്ടായിരുന്നു അതുകൊണ്ട് പൗലോസ് അതിൻ്റെ ഫലമായിട്ട് നിഗളിച്ചു പോകാൻ ഒരു സാധ്യതയുണ്ടായിരുന്നു നിഗളിച്ചു പോകുക എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പിശാച്ച് എന്ന് പറയുന്ന തന്ത്രത്തിൽ വീണു അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു പൗലോസിനെ ആ കാര്യത്തിൽ പ്രത്യേകം സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നു ഇപ്പം ജഡേച്ഛകളിൽ വീണു പോകാൻ ഒരുപക്ഷെ പൗലോസിന് അത്രത്തോളം ബലഹീനതയുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ലോകം ലോകത്തിൻ്റെ നേട്ടങ്ങൾ കാണിച്ച് അവനെ വശീകരിക്കാൻ ഒക്കുമായിരുന്നില്ല അതൊക്കെ അവൻ ഉപേക്ഷിച്ചതാണ് എന്നാൽ അവനെ വീഴ്ത്തി കളയാനുള്ള ഏറ്റവും വലിയ സാധ്യത ഈ നിലയിലുള്ള നികളത്തിലാണ് പിശാജ് എന്ന് പറയുന്ന തന്ത്രമാണ് അവനെതിരെ സാത്താൻ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കി ദൈവം തന്നെ ജഡത്തിലൊരു ശൂലം കൊടുത്ത് അവനെ സംരക്ഷിച്ചു എന്ന് നമ്മൾ കാണുന്നു രണ്ട് കോരിന്ത പന്ത്രണ്ടിൻ്റെ ഒൻപത് നോക്കുക അവിടെ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലെ ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു അപ്പോൾ ഈ സാത്താൻ്റെ ഈ പിശാജെന്ന് പറയുന്ന തനിക്കെതിരെയുള്ള പ്രത്യേക തന്ത്രത്തെ എതിർത്ത് ക്രിസ്തുവാണ് തന്നെ സഹായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലെ ആവശിക്കേണ്ടതിന് എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രനാണ് പ്രത്യക്ഷനാകുന്നത് അപ്പം നോക്കുക നമ്മൾ പറഞ്ഞത് ഇതാണ് പിശാജ് എന്ന് പറയുന്ന തന്ത്രം അത് നമ്മുടെ ആത്മാവിനെതിരെയാണ് കൊണ്ടുവരുന്നത് ഇത് നമ്മൾ എന്ത് വേണം അത് ഓടിപ്പോവുകയല്ല വേണ്ടത് എതിർത്ത് നിൽക്കുകയാണ് വേണ്ടത് ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് ഈ കാര്യത്തിൽ തുണനിൽക്കും നമ്മൾ നോക്കുക ഈ നിലയിൽ പിശാജെന്ന് പറയുന്ന തന്ത്രത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണേ എന്നുള്ള മാർട്ടിൻ ലൂധറിൻ്റെ പ്രാർത്ഥനയിലെ പ്രസക്ത ഭാഗം കൂടെ നമുക്ക് നോക്കാം അവിടെ മാർട്ടിൻ ലൂതർ പറയുന്നു പിശാചിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ അവയിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നികളം സ്വയതൃപ്തി തനികർക്ക് വേണ്ടി പാവങ്ങളെ തുച്ഛീകരിക്കുക എന്നിവ ഞങ്ങൾക്കുണ്ടാകരുതേ അധികാരം നേട്ടം എന്നിവയൊക്കെ വിട്ടുകളവാൻ ഞങ്ങളെ സഹായിക്കണേ മത്സരത്തിൻ്റെ ഭാഗമായുള്ള അതായത് അധികാരത്തിന് വേണ്ടിയുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെറുപ്പിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ കാക്കണമേ ഇതേ പോരാട്ടത്തിലായിരിക്കണം മറ്റുള്ളവരെയും അവിടുന്ന് കാക്കണേ പോരാട്ടത്തിൽ വീണു ശക്തിപ്പെടുത്തി വീണ്ടും എഴുന്നേറ്റ് ആ പോരാട്ടം തുടരുവാൻ അവരെ അനുഗ്രഹിക്കണേ ഇങ്ങനെയാണ് മാർട്ടിൻ ലൂതർ തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് പ്രെയർ ഫോർ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ടെമ്പേഷൻ എന്ന മാർട്ടിൻ ലൂതറിൻ്റെ പ്രസിദ്ധമായ പ്രാർത്ഥനയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ട കാര്യങ്ങളെ നമുക്കൊന്ന് ക്രോഡീകരിച്ച് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മളെ പാപത്തിൽ വീഴ്ത്തി കളയാൻ പിശാച ലോകം ജഡം സാത്താൻ ലോകം ജഡം പിശാച എന്നീ ത്രിവിധ തന്ത്രങ്ങൾ കൊണ്ടുവരും ലോകം ദേഹിക്ക് നേരെയാണ് ഇത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ദൈവ ധ്യാനിക്കണം പിതാവ് ഈ കാര്യത്തിൽ നമുക്ക് തുണനിൽക്കും രണ്ട് ജഡം എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തിനെതിരെ കൊണ്ടുവരുന്ന ജടീകമായ പ്രലോഭനങ്ങളാണ് ഇത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓടിക്കളയ്യ വിട്ടോടുക എന്ന തന്ത്രമാണ് നമ്മൾ എടുക്കേണ്ടത് ഈ കാര്യത്തിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും മൂന്നാമത് പിശാജ് എന്ന് പറയുന്ന സാത്താൻ്റെ തന്ത്രം നമ്മുടെ ആത്മാവിനെ കെടുത്തി കളയാനാണ് അതിനെ നമ്മളെ എതിർത്ത് നിൽക്കുകയാണ് വേണ്ടത് ദൈവപുത്രൻ ഈ പിശാജിൻ്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാൻ വന്നത് ദൈവപുത്രനായ ക്രിസ്തു ക്രിസ്തു ആണ് ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നത് പൗലോസെ രണ്ട് കോരിഞ്ചർ പന്ത്രണ്ടിൻ്റെ ഒൻപതിൽ പറയുന്നു ക്രിസ്തുവിൻ്റെ ശക്തി ഈ കാര്യത്തിൽ ആ സാ എന്നെ സഹായിക്കും എന്ന് താൻ അവിടെ പറയുന്നു അതുകൊണ്ട് ഈ പിശാചന തന്ത്രത്തെ അങ്ങനെ എതിർത്ത് നിൽക്കുക നോക്കുക സാധാരണ എപ്പോഴും പാപത്തിൽ നമ്മളെ വീഴ്ച കളയാൻ വിശ്വാസികളെ വീഴ്ച ശ്രമിക്കുന്നു അതിനവന് മൂന്ന് തന്ത്രങ്ങളാണുള്ളത് ആ മൂന്ന് തന്ത്രങ്ങൾക്കെതിരെ നമുക്ക് മൂന്ന് ആയുധങ്ങളുണ്ട് ആ മൂന്ന് ആയുധങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ തൃത്വം മുഴുവൻ നമ്മളെ സഹായിക്കുന്നു തൃത്വത്തിലെ ഓരോ വ്യക്തികൾ ഓരോ പ്രത്യേക പരീക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതൽ തുണനിൽക്കുന്നു നമ്മളിലുള്ള ദേഹം ദേഹി ആത്മാവ് എന്നുള്ള ആ തൃത്വത്തിൽ ഓരോന്നിനു നേരെയാണ് ഓരോ പരീക്ഷകളും വരുന്നത് ഇവയെ തിരിച്ചറിഞ്ഞ് സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ജാഗ്രതയോടെ നിന്നാൽ നമ്മൾ വീണു നമ്മുടെ ആ വിരുദ്ധ തെറ്റിക്കാൻ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി സാത്താൻ എതിരെ നിൽക്കാം ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കു മാറാറട്ടെ